ഇബ്രാഹിം അലി ഇസ്ലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക നിങ്ങൾ അള്ളാഹുസുബാനഹുവ ചായയെ ആരാധിക്കുക അവനെ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾക്കറിയാമെങ്കിൽ അത് നിങ്ങൾക്കു തന്നെയാണ് ഏറ്റവും ഉത്തമം